ശങ്കരം ശരാചാര്യ ശവം പാദരാണ സുത്രതൗ വന്ദേ ഭഗവരംഭാര്യമ്യമാചാര്യപര്യതം വന്ദേ ഗുരുപരംപരാധാനം ചല്യണം സച്ചികാനന്തമാത്മരം ശിവാനന്ത ഗുരു നമ്മൾ അപചി കണ്ടമാല അപജി പലപ്പോഴും ക്ഷയരോഗലക്ഷണങ്ങളോട് പോലും കൂടിയതാണ് കണ്ടത്തിൽ വരുന്ന മുഴകൾ പലതരത്തിലുണ്ടത് അത്ഭുത വിഭാഗങ്ങളിൽപ്പെട്ട അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ അതില് അപചി കണ്ഠമന്യാസു കക്ഷവംഷണ സന്ഷു താരാകൃതിയും വിദ്യ കണ്ട അനുസന്ധി ഗണ്ഡമാലാം വിജാനീയ അവചി തുല്യലക്ഷണം എന്ന് ഭോജൻ പറയുന്നു അപചിയും കണ്ഠമാലയും തുല്യലക്ഷണങ്ങളോടുകൂടിയതാണ് അത് ദോഷധാതുക്കൾ ദുഷിച്ച് വിഗുണമായ വാദത്തിൻ്റെ ഊർധ്വപ്രേരണ കൊണ്ട് ഗളം ഉരസ് കഷം എന്നീ പ്രദേശങ്ങളെ ആശ്രയിച്ചുണ്ടാകുന്ന മാല പോലുള്ള ഗ്രന്ഥിരീക്കം മാലാകൃതിയിലുള്ള എന്ന് ഒരു മുഴ പിന്നെ മുഴയില്ല പിന്നൊരു മുഴ പിന്നൊരു മുഴ അങ്ങനെ വരുന്ന മാല പോലെ ഉണ്ടാകുന്നതാണ് ഗണ്ഡമാല എന്ന് പറയുന്നത് കണ്ഠമാല എന്നും പറയാറുണ്ട് നാടൻ ഭാഷയിൽ വർഷി എന്നിങ്ങനെ കപമേധോദൃഷ്ടിയെ ഈ രോഗത്തിൻ്റെ അടിസ്ഥാന കോപമായി അജന്മ കഫദോഷം വാതജം പിത്തജം കഫജം എന്നതിൽ കഫ ദൃഷ്ടി മേധോ ദൃഷ്ടി മേധോധാതുവിനെയാണ് ഇത് ബാധിക്കുന്നത് അപ്പൊ മേധസ് ദുഷിച്ചിട്ട് ഉണ്ടാകുന്ന അടിസ്ഥാന ദോഷലോപമായി ഈ രോഗത്തിൻ്റെ മൗലിക ദോഷമായി കഫമേധസ്സുകളുടെ ദോഷത്തെ പറഞ്ഞിച്ച് ദോഷകോപം നീണ്ടു നിന്ന ഈ രോഗം ദീർഘകാലാനുബന്ധത്തിന് കാരണമാവും ദോഷ സംസർഗത്തിനനുസൃതമായി വൃദ്ധിക്ഷയങ്ങളെ പ്രാപിക്കുകയോ പാകപ്രക്രിയയ്ക്ക് വിധേയമാവുകയോ ചെയ്യും പാകമായി പഴുക്കും പൊട്ടും അകത്തേക്ക് കൊട്ടാം പുറത്തേക്ക് കൊട്ടാം പുറത്തേക്ക് പൊട്ടിയ പലപ്പോഴും മറ്റണുഖങ്ങൾ ബാധിക്കാൻ ഇട കൂടുതലാണ് അകത്തേക്ക് പൊട്ടിയത് നേരെ ചെന്നതിന്റെ കരിൽ നിന്നാൽ മതി ഇവിടെ നിന്ന് തീർത്തിരുന്നു ഈ ഏറ്റതൊന്ന് തീർത്തിരുന്നു എന്നാൽ പിന്നെ ബൈക്കിൽ നിന്നുള്ള ശല്യം േക്ക് പൊട്ടിയാൽ ഇതിന്റെ അണുഖങ്ങളൊക്കെ വഹിച്ചിൽ ചെല്ലും മറ്റ് സ്ഥലങ്ങളിൽ അസുഖത്തിന്റെ ലക്ഷണമൊന്നുമില്ലെങ്കിൽ പൊട്ടുന്നതാണ് നല്ലത് പഴയ സമർത്ഥന്മാരായ വൈദ്യന്മാർ പൊട്ടിക്കുന്നത് മർമ്മങ്ങളിൽ നിന്ന് അവയെ മാറ്റിക്കൊണ്ടൊന്നാണ് പഴയ ചികിത്സാരീതി പ്രകാരം ചില പ്രത്യേക ഔഷധങ്ങൾ തടവുന്ന സമയത്ത് വേണ്ടത്ര സത്യനിഷ്ഠയും ഒക്കെയുള്ള വൈദ്യന്മാരാണെങ്കിൽ രോഗിയിലെ സങ്കല്പമെല്ലാം കൊടുത്ത് ഓരോ ദിവസവും മരുന്ന് തടവി തടവി അത് മർമ്മങ്ങളിൽ നിന്ന് മാറ്റി ചോദിക്കുക ഇത് ചോദിക്കുക ചെയ്തു ചോദിച്ചപ്പോൾ ചോദിക്കുകയാണെ മർമ്മങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്ന് മർമ്മസ്ഥാനത്ത് പൊട്ടാനിടയാക്കാതെ പലപ്പോഴും മർമ്മത്തിലാണ് വരുന്നതെങ്കിൽ പൊട്ടുന്നത് അപകടകരമാണ് അതുകൊണ്ട് മർമ്മസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുവന്ന് പൊട്ടിക്കും ഇപ്പൊ അത്തരം ചികിത്സയൊന്നും ഉള്ളതായിട്ട് കരുതരുത് ഇപ്പൊ അത്തരം അറിയുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന കാലമാണ് ഒന്ന് ആയുർവേദത്തിൽ അപജിയും കണ്ടമാലയും ഒക്കെ ചികിത്സയ്ക്ക് എത്തുന്നത് തന്നെ വളരെ വിരളമാണ് കാരണം അതൊക്കെ ക്യാൻസറിൻ്റെ പട്ടികയിൽപ്പെടുത്തിയ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ചെന്ന് ചികിത്സിച്ച് കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്ത് പോകാനാണ് പൊതുവായി തലമുറയെ വിധിച്ചിട്ടുള്ളത് എങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ പ്രാചീന കാലത്ത് ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യതയോടെ എഴുതി വയ്ക്കുകയും അതിനനുസരിച്ച് ജീവിതം കൊണ്ടുപോവുകയും ചികിത്സിക്കുകയും ചെയ്തതുകൊണ്ട് സമീപകാലം വരെ ഈ രോഗങ്ങൾ നാട്ടിലില്ലാതാവുകയുമാണ് ചെയ്തിരുന്നത് നിങ്ങൾ കേൾക്കുന്നവരുടെ കുട്ടിക്കാലത്ത് കണ്ഠമാല കണ്ടിട്ടുള്ളവർ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അതിനകത്ത് ആർക്കെങ്കിലും കഴുത്തിൽ മാല പോലെ മുഴകളുണ്ടായി കണ്ടിട്ടുണ്ടോ ഒരാളെയെങ്കിലും കണ്ടതായി ഓർമ്മയുണ്ടോ ഇന്ന് ഒരുപാട് പേരെ കാണാം ആശുപത്രിയിലേക്ക് കാണാം അതിന്റെ അർത്ഥം ഈ ചികിത്സയും ഈ ജീവിത നിലനിന്നിരുന്ന പൗരാണിക കാലത്ത് അതിനെ പിൻപറ്റി വന്ന ഒരു ജനതയ്ക്ക് രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ബ്രസ്റ്റിലെ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞപ്പോഴും ചോദിച്ചു നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്ത്രീകളുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തത് മുല പൊട്ടിപ്പോഴുത്ത് ആരെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ ഒരു കേസെങ്കിലും ഓർമ്മയിലുണ്ടോ എന്നൊക്കെ ഞാൻ അന്നേരം ചോദിക്കേണ്ടായി ഇല്ലെന്നാണ് അന്നേരവും ഉത്തരം പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ ശരിയല്ല എന്നാൽ ഇന്ന് മിക്കവാറും മുപ്പത്തഞ്ച് കഴിയുമ്പോ സ്ത്രീകളെ തമ്മിലടുത്തുള്ള രോഗമെല്ലാം തുടങ്ങുകയാണ് അതൊരു വലിയ പ്രശ്നവുമാണ് വീണ്ടും രക്ഷാവാദവേദന അന്വിത ക്ഷിപ്രഭാക സമുദാനുക്താതു പൈതികി ഗൂഢാപാകിഗ്ധോ അൽപ്പരുക്കര േദോധിക ശ്ലൈഷ്മികി ച വിശേഷാ അതിമാർദ്ദവ എന്നും ഭോജൻ തന്നെ പറയുന്നുണ്ട് വാദപ്രധാനമായ ഗണ്ഡമാല വാദോത്തരൂക്ഷദവേദനയാൻവിത വാദപ്രധാനമായ ഗണ്ഡമാല വേദനയോടുകൂടിയതായിരിക്കും പിത്ത പൈത്തികിയായിട്ടുള്ള പിത്തപ്രധാനമായ ഗണ്ഠമാല പുകച്ചിലുണ്ടാക്കുന്നതായിരിക്കും പൈത്തികിയായിരിക്കുന്ന ഗണ്ഠമാല വേഗം പാകമാകുന്നതാണ് വേഗം പഴുക്കും കപപ്രധാനമായവയാകട്ടെ സ്പർശത്തിൽ സ്നിഗ്ധമായിരിക്കും അങ്ങനെയൊക്കെയാണ് ഇത് തിരിച്ചറിയുന്നത് തൊട്ടുനോക്കും കണ്ടാലറിയും പരിചയസമ്പന്നനായ വിശദക്കുരൻ കൃതഹസ്ഥനാണെങ്കിൽ കാണുമ്പോഴറിയും അത് ഓരോ രോഗിയെ നോക്കുമ്പോഴും അത്ര സൂക്ഷ്മമായി വേറെ ശ്രദ്ധകളും വേറെ ചിന്തകളും വരുത് ശാസ്ത്രം അങ്ങനെയാ പറയുക അപ്പം അതുകൊണ്ട് കപപ്രധാനങ്ങളായ ഗ്രന്ഥികൾ സ്പർശത്തിൽ സ്നിഗ്ധമായിരിക്കും കഠിനമായിരിക്കും വേദന വളരെ കുറഞ്ഞതായിരിക്കും വാധികങ്ങളാണെങ്കിൽ വേദന കൂടും മേധോബുരമായ ഗ്രന്ഥികൾ മേധസ്സു കൂടിയവ അതിമൃതൃത്വവും മറ്റ് കഫലക്ഷണങ്ങളുമുള്ളതായിരിക്കും പിത്താധികമായ സന്നിപാതിക ദൃശ്യയിൽ രണ്ടു ദോഷങ്ങൾ ചേർന്നു വരുന്നത് അതിന് ഗ്രന്ഥികൾ പാകമായി പ്രണരൂപി ആയിരിക്കും അത് മരണത്തിന് കാരണമാവും രണ്ടു ദോഷങ്ങൾ ഒരുമിച്ച് വന്നാലാണ് मशूल का शरक इतनी अदाय बलवान अग्निबलो कूड़ीवनु आ अग्निमान्य रोग चिकित्सा भेद कमक मर दि भेद ज्वर श्वा पारश्ववेदना तुंगण कूड़िया दंडम चिकित्सी भेदपापयासाध्य गलगंड गंडमाले मत गंड अवाह गंडस्कृत अभज् पर निदानी वाद कपदोषकोपारण േസ് ദുഷിച്ച് വാദത്തെ ദുഷിപ്പിച്ച് ഗളഗ്രന്ഥിയെ ആശ്രയിച്ച് കഴുത്തിലുള്ള ഗ്രന്ഥിയെ ആശ്രയിച്ച് ഉണ്ടാകുന്ന ശോഭമാണ് ഗളകന്ധം ഉത്തിനോവ് കരുവാളി ചമം പരുവരിപ്പ് നീലിച്ച സിരകളുടെ വ്യാപനം എന്നിവ വാതിക ഗളകന്ധത്തിൻ്റെ ലക്ഷണമാണ് കവച കിളകണ്ട സ്ഥിരവും കഠിനവും വലിപ്പമുള്ളതും സ്പർശത്തിൽ സീത ഭാവത്തോടുകൂടിയതും ചൊറിച്ചിലോടുകൂടിയതും ആയി വായിക്ക് മധുരരത്നം ശരീരം പുഷ്ടിപ്പെടുന്നതനുസരിച്ച് പുഷ്ടിപ്പെട്ട് കാണാം ശരീരത്തിന് വണ്ണം കൂടിയായിരുന്നു വളർന്നവളോ ക്ഷീണിച്ചായിരുന്നു ക്ഷീണിച്ച അങ്ങനെ വാതകിളഖണ്ഡം തന്നെ മേധോധാതു സംബന്ധത്താൽ മേധപ്രധാനമായ കിളകണ്ഡമായി തീരുകയും അപൂർവമായി വാതക അപദോഷങ്ങളുടെ ദൃഷ്ടി രക്തദുഷ്ടിക്കിടയാക്കുകയും ഗലകണ്ഡത്തിലെ പാകപ്രക്രിയയ്ക്കിടയാക്കുകയും ചെയ്യും ശ്വാസതടസ്സം അരിച്ചി ക്ഷീണം സ്വരഭേദം ഇവയോടുകൂടിയതും കാലപ്പഴക്കമുള്ളതുമായ ഗലകണ്ഠം പ്രയാസമുള്ളതാണ് അതും നേരത്തെ തന്നെ അവ ചികിത്സിക്കേണ്ടതാണ് ഇവയാണ് ഗലകണ്ഡത്തിൻ്റെ സ്ഥലം ഇത് നമുക്ക് ഗ്രന്ഥി നോക്കാം കഴുത്തിലെ ക്യാൻസറുകളെ ഒന്നാം നമ്മൾ श्रद्धि नोक प्रधानप्त क्रद्धा अस्थि मज्ज रक्त ईश्वर विभजन प्रक्रिया व्यतम अभुदा ओरों के भेद नाम इन ग्रंथि मतलब മൃദു ശ്ലേഷ്യോദയം എന്ന അഷ്ടാംഗ ഹൃദയം ഭംഗിയായി ഉണ്ടായിട്ട് ആഹാര ഇവ കൊണ്ട് മേധസ്സ മേദോ മേധോധാതുവിന് ദോഷം വരും അത് മേധസ് മാംസധാതുവിനെ ദൂഷിപ്പിക്കും വിഗുണമായ വാദം അതിൻ്റെ പ്രേരണ കൊണ്ട് മാംസം ഇവയെ ആശ്രയിച്ച് മൃദുവും സ്നിഗ്ധവും വലിപ്പമുള്ളതും സ്പർശത്തിൽ ശീലവും തൊട്ടുനോക്കിയാൽ തണുത്തതും ശരീരവൃത്തിക്കനുസരിച്ച് വളരുക ക്ഷയിക്കുന്നതനുസരിച്ച് ചെറുതാവുകയും ചെയ്യുന്ന ഗ്രന്ഥികളെയാണ് മുഴകളെയാണ് മേധോ ഗ്രന്ഥികൾ എന്ന് പറയുന്നത് കുറവേമാംസാമൃത്വം ഗ്രഥന സ്മൃത അഷ്ടഹൃദയം വീണ്ടും പറയും അഹിതങ്ങളായ ആഹാരങ്ങൾ വിഹാരങ്ങൾ അതുപോലെ തന്നെ അവ കൊണ്ട് ദുഷിച്ച് കഫപ്രധാനമായി കോപിച്ച് രക്ത മാംസ മേധോധാതുക്കളെ വഹിക്കുന്ന സ്രോതസ്സുകളെ നശിപ്പിച്ച് ഗ്രന്ഥികളുണ്ടാവും അങ്ങനെയാണ് ഗ്രന്ഥികൾ ഉണ്ടാവുക അതുകൊണ്ടാണ് ഇതിലൊക്കെ ഭക്ഷണം വളരെ ശ്രദ്ധിക്കുക ഈ പഠനങ്ങളൊക്കെ ക്രിസ്തുവിന് അയ്യായിരം വർഷം മുമ്പ് ഇന്നത്തെ പോലെ തൊഴിൽപരമായി തിരക്കുള്ള ഒരു ജനത അന്നുണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ നമുക്ക് മുന്നോട്ടി നമുക്ക് കാണാം ലാവണപരങ്ങളായ രോഗങ്ങൾ എന്നാണ് അവയെ വിളിക്കേണ്ടത് ക്യാൻസറിനൊക്കെ ആ പട്ടികയിലാണ് ഇവിടെ എടുക്കേണ്ടത് എകൃത്ത് രോഗങ്ങൾ ലിവർ ഡിസീസും ഇത് കൂടുതൽ പ്രശസ്തി നേടുകയും ചെയ്യും രോഗങ്ങളും രോഗിയും രോഗിയെ പരിചരിക്കുന്നവരും പ്രശസ്തരാവുക രോഗം മാറാതെയും ഇരിക്കുക അർബുദം ബാധിച്ച രോഗികൾ പ്രശസ്തരാണ് സമൂഹത്തിൽ മറ്റൊന്നുമില്ലെങ്കിലും സമൂഹത്തിലൊക്കെ അവരെക്കുറിച്ച് അറിയ പേര് ഓർത്തുവയ്ക്കും സമൂഹം കട്ടിലിൽ കിടന്ന് വലിച്ച തന്തയെയോ വണ്ടിയിടിച്ചു വലിച്ച തന്തയെയോ ഒക്കെ മറന്നുപോയാലും ക്യാൻസർ വന്ന് മരിച്ചുപോയ തന്റെയും തള്ളിയൊന്നും നിങ്ങൾ ഒരിക്കലും എത്ര തലമുറ കഴിഞ്ഞാലും മറന്നില്ല അത് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാവും ശരിയുണ്ടോ ശരിയല്ല എന്തോ പറയുന്നത് അതിശീർത്തി എന്തോ ഒന്നും ഉണ്ടാവില്ല നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോകണ നിങ്ങളൊരു അപ്പൂപ്പൻ ക്യാൻസർ വന്ന് മരിച്ചിട്ടുണ്ട് നിങ്ങൾ ഓർത്ത് പറയും ഓർത്ത് ഡോക്ടറോട് മാത്രമല്ല തമ്മിലിരിക്കുമ്പോഴും പറയും അല്ലാതെ കഴിഞ്ഞാൽ കണക്കിന് ആളുകളുണ്ട് മൂന്ന് തലമുറയ്ക്ക് മുമ്പ് ഇത് വന്നാൽ മരിച്ചതെന്ന് പറയും ഓർത്തിരിക്കില്ല അത്രയൊക്കെ രോഗമുള്ളൂ അനുമ്പില്ല അതുകൊണ്ട് പിന്നെ ഓർക്കാനും പറ്റില്ല സമീപകാലത്ത് മരിക്കുന്നവരുടെ ഒരു പട്ടിക എടുക്കാൻ അവിടുത്തെ അവൻ മരിച്ചതുകൊണ്ടാണ് ഇട്ട് മരിച്ചതുകൊണ്ടാണെന്നിങ്ങനെ ശരിയാണോ അങ്ങനെ അല്ലെന്ന് തോന്നി നല്ല ഇരിപ്പ് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ആ കള്ളം തോന്നി പറയാറുണ്ട് ആ അപ്പോ മരണം രേഖപ്പെടുത്തുമ്പോൾ ഒരുമാതിരി മാന്യതയുള്ളതാണ് ഈ രോഗം ആ നല്ല അഭിമാനത്തോടെ അവൻസർ രോഗിയുള്ള വീട്ടിലുള്ളവരെയൊക്കെ തമ്മിലൊന്നും ഇറങ്ങി കാരണം ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ സാധാരണ രോഗങ്ങളൊന്നും ആണെങ്കിൽ തമ്മിൽ തമ്മിൽ അത്രയും പരിചയപ്പെടാറില്ല ശരിയല്ല ഹാർട്ടിന്റെ ബ്ലോക്ക് ക്യാൻസർ കിഡ്നി പെയിലുകൾ ഇതൊക്കെ തമ്മിൽ തമ്മിൽ നിങ്ങൾ പരിചയപ്പെടും ശരിയല്ല ഞാൻ പറയുന്ന ഒക്കെ നോയാന്ന് ചേച്ചി ലോകത്ത് ഒരു പിടി രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന ഒട്ടേറെ ഡോക്ടർമാരുണ്ട് പക്ഷെ ജനം പേരെടുത്തെറിയുന്ന എല്ലാ വിഷുപൂരന്മാരും ഓമിയോളജിസ്റ്റുകളാണ് അത് കാർഡിയോളജിസ്റ്റ് അങ്ങനെ ചില സ്പെഷ്യലിസ്റ്റുകളെ അറിയുള്ളൂ അല്ല മെഡിസിനിലെ സ്പെഷ്യലിസ്റ്റ് കൊച്ചുകുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് അവരിൽ നിന്നും അങ്ങനെ പേരെടുത്തുന്നു ആളുകൾ അത്രയൊന്നും അറിയില്ല ഫസ്റ്റ് ലിസ്റ്റിലെ ഓമക്കോളജിസ്റ്റുകൾ ഉണ്ടാവും ശരിയല്ല സെക്കൻഡ് കാർഡിയോളജിസ്റ്റ് ഉണ്ടാവും ശരിയല്ല അല്ല രോഗത്തിന് പ്രശസ്തി രോഗിക്ക് പ്രസസ്തി ബന്ധുക്കൾക്ക് പ്രസക്തി അത് കഴിഞ്ഞാൽ പ്രസക്തി കാരണം എന്താണ് ഇവ ഒക്കുപ്പേഷണൽ ഡിസീസസ് ആണ് അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ടിട്ടുമ്പോൾ കാണാം വിശദമായി ഇതെല്ലാം വിളിച്ചിട്ട് ജനറലൈസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കാര്യങ്ങളെ നോക്കാം ഒന്ന് അധിതമായ ആഹാരം ആഹാരം അധിതമാകുന്നത് നിങ്ങൾ നിലനിർത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് സ്വച്ഛന്തവും സുഭകവും മര്യാദാമസ്രണവുമായ കുടുംബജീവിതം താളം തെറ്റുന്നതും തകരാറിലാകുന്നതും പാരമ്പര്യ ഘടകങ്ങളെ ചോദ്യം ചെയ്യുന്നതും കാർഷികേതരങ്ങളായ തൊഴിൽ മേഖലകളിലേക്ക് വിദ്യാഭ്യാസമുള്ളവൻ മാറുന്നതോടുകൂടി തന്നെയാണ് നിങ്ങളെയൊക്കെ തന്നെ എടുത്താൽ മതി എപ്പോൾ നിങ്ങൾക്ക് തൊഴിൽ കിട്ടി വീട്ടിൽ നിന്ന് അവരോടുകൂടി വീടിൻ്റെ താളം ധരിച്ചു നിങ്ങൾ ഉദാഹരണം തേടിയതും പോകട്ട ഒരാൾക്ക് തൊഴിൽ അപ്പൊ എല്ലാവരും വ്യത്യസ്ത മേഖലകളിൽ ഉദ്യോഗസ്ഥന്മാരായി തീർന്നാൽ പിന്നെ താളം ഒരിക്കലും തിരിച്ചു വരില്ല ഒരു പുരുഷന് വീട്ടിൽ നിന്ന് ജോലി ആ വീട്ടു താളം തെറ്റി പുരുഷന്മാരെല്ലാം ജോലിയുള്ളവരായാൽ പിന്നെ താളം തെറ്റലെന്ന് പറയണ്ട സ്ത്രീക്കും കൂടെ തൊഴിൽ കിട്ടിയല്ലോ പിന്നെ തിരിച്ചുവരവില്ലാത്ത രോഗികളായി ശക്തമായി എതിർക്കേണ്ടതാണ് ഞാനീ പറയുന്നത് ഇത് ഞാൻ അങ്ങോട്ട് പറയുമ്പോ നിങ്ങൾ ഇരുന്ന് കേൾക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ വിവരങ്ങൾ എത്രയാണെന്ന് ആലോചിക്കുന്നു ഞാൻ അതിശക്രിതമായിട്ടാണ് പറയുന്നത് ശരിയാണോ എല്ലേതരങ്ങളായ എല്ലാ തൊഴിലുകളും കാർഷികേതരങ്ങളായ എല്ലാ തൊഴിലുകളും ഹിംസ സ്ഥേയം അന്യഥാകാമം പൈശുനം പരുഷം അനൃതം സംഭിന്നാലാഭം വ്യാപാരം അവിദ്യ ദൃഗ്മിപര്യം എന്ന വൈകല്യങ്ങളോടുകൂടിയതാണ് അത് കർഷകനായിരുന്നു കുറെ കുട്ടികളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് അധ്യാപകനോ കർഷകനായിരിക്കെ വീട്ടിലേക്ക് വരുന്ന പത്ത് രോഗികൾക്ക് മരുന്ന് പറഞ്ഞു കൊടുത്തവനോ കർഷകനായിരിക്കെ ആ കൂട്ടത്തിൽ പോയി റേഷനിങ് ഡിപ്പാർട്ട്മെന്റ് ശേഷം ജോലി യോജിച്ചിരുന്ന കാലത്ത് ഈ പ്രശ്നം കാണുകയില്ല യോജിക്കുന്നില്ല അവിടന്ന് കുറവുണ്ട് തൊഴിൽപരമായൊരു മേഖലയിലേക്ക് മാറുമ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ മനസ്സിലായത് തന്നെ എന്റെ ധാരണ അവിടെ ഇനി ഞാൻ ശരിയല്ല എന്ന് തോന്നി അതിനെ ഒരു പ്രാവശ്യം കേട്ടത് പിന്നെ ഏതെങ്കിലും ഒരു കണ്ടതലം കൊണ്ട് തൃപ്തികരമായെങ്കിൽ പിന്നെന്തിനെ കാണാത്ത തലം കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയല്ല ഒരാൾ തൊഴിലിലേക്ക് പോകുമ്പോൾ അയാളെ സമരമെടുത്തോളം അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാർഷിക വരുമാനത്തിന്റെ പതിന്മടങ്ങാണ് കഷ്ടപ്പെടാതെ കയ്യിലും നിൽക്കുന്നത് സ്വാഭാവികമായി അത് നിൽക്കുന്ന ഒരു ആലസ്യം അയാളിലുണ്ടാവും തന്നോടും സമാജത്തോടും ജീവികളോടും അയാൾ പുലർത്തുന്ന ഒരു വൈരസ്യം ഉണ്ടാവും വിരസത ഇതൊക്കെ മാനസികം അയാൾ താൻ ചെയ്യുന്ന തൊഴിലിന്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് പുലർത്തുന്ന ഹിംസയുണ്ടാവും ഉണ്ടാവും കക്കൻ നിയമാനുസൃതവും മര്യാദാമസ്രണവും അല്ലാതെ പുലർത്തുന്ന ലൈംഗിക ഉത്സർജനങ്ങൾ ഉണ്ടാവും അത് എൻഡോക്രൈൻ ലാൻഡുകളെയും ഒക്കെ താറുമാറാക്കുന്നതുപോലെ കൊണ്ട് കോശ കോശാന്തരങ്ങൾ തവിക്കും അത് കോശമർമ്മത്തെക്കാളേറെ കോശദ്രവങ്ങളെ മാറ്റിമറിക്കും വൈദ്യശാസ്ത്ര വിശാലന്മാരും ഗവേഷണ പ്രമാണിമാരും ഗവേഷണങ്ങൾ കോശമർമ്മങ്ങളിൽ ഒരുക്കി നിർത്തി അന്വേഷണവുമായി നീങ്ങുമ്പോൾ കോശമർമ്മത്തെ ആധാരമാക്കി പഠിച്ച പഠിപ്പുകളിൽ തരുന്ന ഔഷധക്രിയകളെല്ലാം ഔഷധം എന്നതിന് പകരം ഉപദ്രവങ്ങളായി തീരുകയും ചെയ്യും ഞാൻ അപകടകരമായ പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ കോശമർമ്മം കോശദ്രവം ഇതൊന്നും എന്നത് പരിചയമുള്ള പദങ്ങളാണോന്ന് തന്നെ എനിക്കറിയില്ല സ് കോശമർമ്മെൻട്രൽ ന്യൂക്ലിയസ് കോശദ്രവം കോശദ്രവം എന്ന് പറഞ്ഞാൽ സൈട്രോപ്ലാസം അങ്ങനെന്താ പറയാ ഇംഗ്ലീഷിൽ പഠിച്ചവരായിരിക്കണം അത്യാവശ്യം മൊഴിമാറ്റം ചെയ്ത് പറഞ്ഞുതരാം അതിൽ കൂടുതൽ ഇംഗ്ലീഷ് എനിക്കറിയില്ല മലയാളം അവരെ വിഷൻ നന്നാവറിയും സ്വാമി ചിരിച്ചുകൊണ്ടായി ചിരിച്ചു സ്വാമിജി കളികൾക്കാണോ ചിരിച്ചതല്ല അതുകൊണ്ട് കോശത്തിൻ്റെ നിയാമകത്വം ഭരിക്കുന്നത് സൈക്ലോപ്ലാസമാണ് കോശമർമ്മമല്ല ന്യൂക്ലിയസ് അല്ല ഇന്നുവരെയുള്ള ഓങ്കോജിനിന്റെ പഠനങ്ങളിലെല്ലാം കോശമർമ്മത്തെ ആധാരമാക്കിയാണ് ലക്ഷോപലക്ഷം വരുന്ന ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് അതിനെ ആസ്പദമാക്കിയാണ് നിങ്ങളുടെ വിഷഗുര പ്രമാണിമാർ ഇന്നും നിങ്ങളുടെ ക്യാൻസറുകളെ ചികിത്സിക്കുന്നത് ആ ചികിത്സ ദോഷവുമാണ് എല്ലാ ചികിത്സയും ശാസ്ത്രം അതിൻ്റെ കണ്ടെത്തലിലൂടെ പോകുമ്പോൾ ഇന്നലെ വരെ കണ്ടെത്തുകയും ഇന്നലെ വരെ പ്രയോഗിക്കുകയും ഇന്നലെ വരെ ചെയ്യുകയും ചെയ്യുന്നത് ഇന്ന് രാവിലെ മാറി കാണുമ്പോൾ കുറേ രാജ്യങ്ങളിലും കുറെ സ്ഥലങ്ങളിലുമെങ്കിലും ഇന്നലെ വരെയുള്ളത് തുടരുക തന്നെയാണ് ചെയ്യുക നിക്സൺ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് അമേരിക്കയിൽ ഒരു മൂവ്മെന്റ് തന്നെ ഉണ്ടാകുന്നത് ആ വർഷം മുപ്പതിനായിരമോ മൂവായിരമോ പേരാണ് അമേരിക്കയിൽ ക്യാൻസർ ഒന്ന് രണ്ടു കൊല്ലത്തിനുള്ളിൽ ക്യാൻസറിനെ കൈപ്പിടിയിലെതിർക്കണമെന്ന് ആജ്ഞാപിച്ച പ്രസിഡന്റാണ് അല്ല റിച്ചാർഡ് നീക്സൺ കേട്ടിട്ടില്ല അമേരിക്ക എം ബിച്ച് ചെയ്തൊരു പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു സംഭവമില്ല അല്ലേ അല്ലെ എന്റെ ചരിത്രം എന്റെ ചരിത്രാവബോധം തെറ്റാണോ അറിയില്ല ഏക്സനാണ് ലോകത്തോട് ആദ്യം പറഞ്ഞത് അമേരിക്കൻ ശാസ്ത്രലോകത്തെ വിളിച്ചുകൂട്ടി ശാസ്ത്ര കോൺഗ്രസിൽ വെച്ച് രണ്ടു കൊല്ലം ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ മഹാലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കണം എന്നു ശാസ്ത്രലോകത്തിന്റെയും നിക്സന്റെയും തലയ്ക്ക് വർഷങ്ങൾ സംവത്സരങ്ങൾ അനേകം കഴിഞ്ഞിട്ടും ക്യാൻസർ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല അതായിരുന്നു അമേരിക്കയുടെ ദേശീയ ദുരന്തം എന്ന് തന്നെ വിശ്വസിക്കാം അന്നൊക്കെ വിശ്വസിച്ചിരുന്നതോ കോശമർമ്മങ്ങളിലാണ് സെൻട്രൽ ഇന്ന് ലോകത്തിന് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് കോശത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രണി ന്യൂക്ലിയസിലില്ലായിരുന്നു നിങ്ങൾ എട്ടാം ക്ലാസ്സിലൊക്കെ കാണാൻ പഠിച്ചിട്ടുണ്ടാവും സാധാരണ മനസ്സിലായില്ല അതിനെ അവലംബമാക്കി കുറെ ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ടോ കുറെ മരുന്നുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൈക്കോക്ലാസിൽ കോശദ്രവം അതാണ് ഇതിന്റെ നിയാമകത്വം ഉൾക്കൊള്ളുന്നതെന്ന് അടുത്ത കാലത്ത് കണ്ടെത്തിയപ്പോൾ അതുവരെയുള്ള ചികിത്സ ഉൾപ്പെടെയാണ് നേർന്നടിയത് അതുകൊണ്ട് ഒരാൾ തൊഴിൽപരമായ ഒരു സ്ഥലത്തേക്ക് നീങ്ങുമ്പോ ഒരു രാഷ്ട്രം അതിന്റെ വികാസത്തെ സാമൂഹികമായും വൈയക്തികമായും കൗടുംബികമായും കണക്കാക്കിയിരുന്നു സൈറ്റോപ്ലാസത്തിലും സൈറ്റോഡിഫറൻസിയേഷനിലും ഒക്കെ ഉണ്ടാകുന്ന പരിണാമങ്ങളെ വ്യക്തിയും വ്യക്തിയും തമ്മിൽ പഠിക്കണമായിരുന്നു ഒരു തൊഴിലിനെ കൊടുത്താൻ പണം ഉണ്ടാക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വീടിനെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന പണം മാത്രമാണോ അവൻ തിരിച്ചു കൊണ്ടിരിക കുടുംബത്തിന്റെ ആയുധൈഘ്യത തകർക്കുന്ന ഒരു സംസ്കൃതിയും കൂടെ കൂടെ കൊണ്ടുവരുന്നുണ്ടോ പതുക്കെ പതുക്കിയായിരിക്കും അനുഭവപ്പെട്ടു ഇത് മുപ്പത് കൊല്ലത്തിനപ്പുറത്തെ ഓർമ്മകളൊക്കെ നിങ്ങളിൽ പലർക്കും ഉണ്ടാവും ഇല്ലാത്തവരൊന്ന് കൈമോക്കിയാൽ കൈവക്ക് മുപ്പും ഇതാകും അത് കൈ കൈപോക്കാനാവും രണ്ടുപേരോ മൂന്ന് പേരോ വേണം മുപ്പത് നാൽപ്പത് കൊല്ലത്തിന് അപ്പുറം ജീവിച്ചവർ ഒന്ന് കൈനോക്കിയാൽ മതി അപ്പൊ പിന്നെ എളുപ്പം മടിയാണ് വളർത് ചെയ്യാണോ നീ നിങ്ങളേക്കാൾ വിവരം കുറഞ്ഞവരായിരുന്നല്ലോ തന്തയും തള്ളിക്കൊക്കെ അതായിരുന്നല്ലോ നിങ്ങളുടെ പരാതി ഈ വിവരമില്ലാത്ത തന്തയ്ക്കും നിങ്ങളുടെ ദുഃഖം അതിപ്പോള്ള അതിനക്ക് അന്ന് രാശാമണി ഞാൻ എനിക്ക് തോന്നുന്നു രൂപം ഒരു കർപ്പുണ്ട് അതുകൊണ്ട് പറ്റിയില്ല എന്ന് കഴിയാം ഇല്ല പറഞ്ഞു അപ്പോ അന്ന് ആളുകളിൽ ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ നിങ്ങൾ കുത്തിവായി കൊണ്ടുവരാൻ പോകുന്നത് ധനം മാത്രമല്ല നിങ്ങളുടെ ഇടപഴകലുകളിലൂടെ നിങ്ങളുടെ ജീവിതവിന്യാസത്തിലൂടെ ഹാരം മൈഥുനം നിദ്ര ഇവിടെയൊക്കെ താളം തെറ്റിയാണ് നിങ്ങൾ തിരിച്ചെത്തുക സാമൂഹികതോർലേൽപ്പിക്കുന്ന സംഭവ ബഹുലങ്ങളായ ഒട്ടേറെ ഭാവങ്ങളും കൊണ്ട് നിങ്ങൾ തിരിച്ചെത്തിയ വ്യക്തി കുടുംബം സമൂഹം ആതുരമായി ആസ്പദമാക്കി വന്ന രോഗങ്ങളെയാണ് അവര് ലാവണജന്യ രോഗങ്ങളെന്ന് പേരിട്ടത് ലാവണം എന്ന പേരും കേട്ടിട്ടുണ്ടാവില്ല ലാവണമെന്ന പദം ലാവണം പറഞ്ഞ തൊഴിൽ ഒക്കു സോ ഒക്കു ഡിസീസസ് ഇന്നത് വളരെ കൂടുതലാണ് ഇതറിയാൻ വലിയ ദൂരമൊന്നും പോകേണ്ട നിങ്ങളുടെ നാട്ടിലെ ഐ ടി മേഖലക്ക് ഇപ്പോൾ ഐ ടി മേഖലയ്ക്ക് മുമ്പ് നിങ്ങളുടെ തരത്തിലുള്ള പൊതുമേഖലയിലും സ്വകാര്യ ഉണ്ടായ രാവു പകലും പണിയെടുപ്പിക്കുന്ന കമ്പനികളെ നോക്കിയാൽ മതി അവിടുന്ന് ഇറങ്ങിയവർ സമ്പാദിച്ചു കാശിന്റെയും പ്രൗഢിയുടെയും ആഡംബരത്തിന്റെയും സമൂഹത്തിലുള്ള അവരുടെ മാന്യതയുടെയും കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവുമുള്ള എത്ര പേ ലക്ഷക്കണക്കിന് ഒരു തൊഴിലാളികളിലുണ്ടെന്നൊരന്വേഷണം നടത്തിയാണ് എന്നിട്ടും മതി അടുത്ത തലമുറ വീണ്ടും അതേ തൊഴിലിന് പോകാൻ നിങ്ങൾ അന്വേഷിക്കേണ്ടതല്ല മൈ റൈറ്റ് ഇടയ്ക്ക് ഒരാളെ കാണുന്ന എനിക്ക് തോന്നുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞു സ്ട്രെസ് മായ പ്രശ്നങ്ങൾ കുടുംബത്തിൻ്റെ അസ്ഥികത രാത്രി സൃഷ്ടികളിൽ പണിയെടുത്തിട്ടു വന്ന പകലുള്ള ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ അവരുടെ വൈകല്യങ്ങൾ തൊഴിൽ മേഖലയിലുണ്ടാകുന്ന വൈകല്യങ്ങൾ ഉറക്കം വിളച്ചിട്ട് കോശങ്ങൾക്ക് വരുന്ന പരിണാമ ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന അന്തഛിദ്രങ്ങൾ വ്യക്തിക്കും സമൂഹത്തിനും അത് ഏൽപ്പിക്കുന്ന ദുരന്തങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പകലാക്കി മാറ്റിയ നിയോൺ ലാമ്പുകളുടെയും മർക്കുറി വിളക്കുകളുടെയും സി എഫ് കമ്പനിക്ക് ചുറ്റുമുള്ള നിയോൺ പ്രകാശങ്ങൾ അമ്മ അതിന് പലഹിതമായി പ്രകാശിക്കുന്ന മർക്കുറി വിളക്കുകൾ കോർപ്പേഴ്സുകളുടെ പുറത്തും മറ്റും പ്രകാശിച്ചു നിൽക്കുന്ന സി എപ്പൽ ലാമ്പുകൾ അവയുളവാക്കുന്ന ഹാർമോണിക്സിന്റെയും മറ്റും തലങ്ങൾ പകരം പണിയെടുക്കുന്ന മനുഷ്യൻ വെച്ചുപിടിപ്പിച്ച രാത്രിയിൽ പണിയെടുക്കുന്ന മനുഷ്യൻ വെച്ചുപിടിപ്പിച്ചവയും സൂര്യന്റെ പ്രകാശത്തിൽ പാകം ചെയ്യേണ്ടതിന് പകരം രാത്രിയിലെ ആലത്തിക പ്രകാശത്തിൽ ഉറക്കമിളച്ച് പാകം ചെയ്യുന്ന സസ്യജാഥനാണ് അവയുടെ ഇലകളും കിഴങ്ങുകളും കഴിച്ചു വളരേണ്ടി തലമുറയിലേക്ക് ആ ഉറക്കമിളച്ച് കൃത്രിമമായി പാകം ചെയ്ത ആഹാരത്തിലൂടെ അവരുടെ സ്വപ്നങ്ങളിലും സുശുദ്ധിയിലും വരുത്തുന്ന പരിണാമഭേദങ്ങൾ